ധ്യായം രണ്ട് ദാവീദിന് മരണകാലം അടുത്തുവന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചത് എന്തെന്നാൽ ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു നീ ധൈര്യം പൂണ്ട് പുരുഷനായിരിക്കാം നീ ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനാകേണ്ടതിനും നിന്റെ മക്കൾ പൂർണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്റെ മുമ്പാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രയേലിന്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകയില്ല എന്ന് യഹോവ എന്നോട് അരുളിച്ചെയ്ത വചനം ഉറപ്പിക്കേണ്ടതിനുമായി മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചും കൊണ്ട് അവന്റെ ആജ്ഞ അനുസരിച്ചു കൊള്ളുക വിശേഷിച്ച് സെരൂയയുടെ മകൻ യോവാ എന്നോട് ചെയ്തത് രണ്ട് സേനാധിപന്മാരായ നേരിന്റെ മകൻ അപ്നേരിനോടും ഏധരന്റെ മകൻ അമാസയോടും ചെയ്തത് തന്നെ നീയും അറിയുന്നുവല്ലോ അവൻ അവരെ കൊന്ന് സമാധാന സമയത്ത് യുദ്ധരക്തം ചൊരിഞ്ഞ് യുദ്ധരക്തം തന്റെ അരക്കച്ചയിലും കാലിലെ ചെരുപ്പിലും ആക്കിയല്ലോ ആകയാൽ നീ ജ്ഞാനം പ്രയോഗിച്ച് അവന്റെ നരയെ സമാധാനത്തോടെ പാതാളത്തിലിറങ്ങുവാൻ സമ്മതിക്കരുത് എന്നാൽ ഗലയാദ്യനായ ബർസില്ലായിയുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം അവർ നിന്റെ മേശയിങ്കൽ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ നിന്റെ സഹോദരനായ അബ്ഷാലോമിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ഓടിപ്പോകുമ്പോൾ അവർ അങ്ങനെ തന്നെ എന്നോടും പെരുമാറി പിന്നെ ബഹൂരീമിലെ ബെന്യാമീനായ ഗേരയുടെ മകൻ എന്നൊരുവനുണ്ടല്ലോ ഞാൻ മഹനൈമിലേക്ക് പോകുന്ന ദിവസം അവൻ എന്നെ കഠിന ശാപത്തോടെ ശപിച്ചു എങ്കിലും അവൻ യോർദാങ്കൽ എന്നെ എതിരേറ്റു വന്നതുകൊണ്ട് അവനെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് ഞാൻ യഹോവാ നാമത്തിൽ അവനോട് സത്യം ചെയ്യൂ എന്നാൽ നീ അവനെ ശിക്ഷിക്കാതെ വിടരുത് നീ ബുദ്ധിമാനല്ലോ അവനോട് എന്തു ചെയ്യണമെന്ന് നീ അറിയും അവന്റെ നരയെ രക്തത്തോടെ പാതാളത്തിലേക്ക് അയക്കുക പിന്നെ ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു ദാവീദ് ഇസ്രയേലിൽ വാണകാലം നാൽപ്പത് സംവത്സരം അവൻ ഹെബ്രോനിൽ വും യെരുഷലേമിൽ മുപ്പത്തിമൂന്ന് സംവത്സരവും വാണു ഷലോമോൻ തന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നു അവന്റെ രാജ്യത്വം ഏറ്റവും സ്ഥിരമായി വന്നു എന്നാൽ ഹഗീത്തിന്റെ മകനായ അദൂനിയാവ് ഷലോമോന്റെ അമ്മയായ ബഷേബെ ചെന്ന് കണ്ടു നിന്റെ വരവ് ശുഭമോ എന്നവൾ ചോദിച്ചതിന് ശുഭം തന്നെയെന്ന് അവൻ പറഞ്ഞു എനിക്ക് നിന്നോട് ഒരു കാര്യം പറവാനുണ്ട് എന്ന് അവൻ പറഞ്ഞു പറക എന്ന് അവൾ പറഞ്ഞു അവൻ പറഞ്ഞതെന്തെന്നാൽ രാജത്വം എനിക്കുള്ളതായിരുന്നു ഞാൻ വാഴണ്ടതിന് ഇസ്രയേലൊക്കെയും പ്രതീക്ഷിച്ചിരുന്നു എന്ന് നീ അറിയുന്നുവല്ലോ എന്നാൽ രാജത്വം മറിഞ്ഞ് എന്റെ സഹോദരനായി പോയി യഹോവയാൽ അതവന് ലഭിച്ചു എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു അത് തള്ളിക്കളയരുത് നീ പറയെന്ന് അവൾ പറഞ്ഞു അപ്പോൾ അവൻ ശൂനേംകാരുത്തിയ അബീഷകിനെ എനിക്ക് ഭാര്യയായിട്ട് തരുവാൻ രാജാവിനോട് പറയണമേ അവൻ നിന്റെ അപേക്ഷ തള്ളുകയില്ലല്ലോ എന്ന് പറഞ്ഞു ആകട്ടെ ഞാൻ നിനക്കുവേണ്ടി രാജാവിനോട് സംസാരിക്കാമെന്ന് ബസ്സേബ പറഞ്ഞു അങ്ങനെ ബസ്സേബ അദൂനിയാവിനു വേണ്ടി ശലോമോൻ രാജാവിനോട് സംസാരിപ്പാൻ അവന്റെ അടുക്കൽ രാജാ എഴുന്നേറ്റ് അവളെ എതിരേറ്റു ചെന്ന് വന്ദനം ചെയ്ത് തന്റെ സിംഹാസനത്തിൽ ഇരുന്ന് രാജമാതാവിന് ഇരിപ്പാൻ കുടിപ്പിച്ചു അവൾ അവന്റെ വലത്തുഭാഗത്ത് ഇരുന്നു ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം അപേക്ഷിക്കുന്നു എന്റെ അപേക്ഷ തള്ളിക്കളയരുതെന്ന് അവൾ പറഞ്ഞു രാജാവ് അവളോട് എന്റെ അമ്മ ചോദിച്ചാലും ഞാൻ നിന്റെ അപേക്ഷ തള്ളുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾ ശൂന്യംകാരിത്തിയായ അബീഷകിനെ നിന്റെ സഹോദരനായ അദൂനിയാവിന് ഭാര്യയായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു ശലോമോൻ രാജാവ് തന്റെ അമ്മയോട് ശൂന്യംകാരിയാവിനുവേണ്ടി ചോദിക്കുന്നത് എന്ത് രാജത്വത്തെയും അവനുവേണ്ടി ചോദിക്കരുതോ അവൻ എന്റെ ജ്യേഷ്ഠനല്ലോ അവനും പുരോഹിതൻ അബ്യാധാരനും സെരൂയയുടെ മകൻ യോവാബിനും വേണ്ടി തന്നെ എന്നുത്തരം പറഞ്ഞു അതോനിയാവ് ഈ കാര്യം ചോദിച്ചത് തന്റെ ജീവനാശത്തിനായിട്ടല്ലെങ്കിൽ ദൈവം തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ ആകയാൽ എന്നെ സ്ഥിരപ്പെടുത്തിയവനും എന്നെ എന്റെ അപ്പനായ ദാവീദന്റെ സിംഹാസനത്തിലിരുത്തി തന്റെ വാഗ്ദാനപ്രകാരം എനിക്കൊരു ഗ്രഹം പണിതവനുമായ യഹോവയാണ് ഇന്ന് തന്നെ അദൂനിയാവ് മരിക്കണമെന്ന് ശലോമോൻ രാജാവ് കൽപ്പിച്ചു യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തു പിന്നെ ശലോമോൻ രാജാവ് യഹോയാതയുടെ മകനായ ബനായാവെ അയച്ചു അവനവനെ വെട്ടിക്കൊന്നുകളു അബിയാഥാർ പുരോഹിതനോട് രാജാവ് നീ അനാഥോത്തിലെ നിന്റെ ജന്മഭൂമിയിലേക്ക് പൊയ്ക്കൊള്ളുക നീ മരണയോഗ്യനാകുന്നു എങ്കിലും നീ എന്റെ അപ്പനായ ദാവീതിന്റെ മുമ്പാകെ കർത്താവായ യഹോവയുടെ പെട്ടകം ചുമന്നതുകൊണ്ടും എന്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടങ്ങളെയും നീ കൂടെ അനുഭവിച്ചതുകൊണ്ടും ഞാൻ ഇന്ന് നിന്നെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ യഹോവ ോവിൽവെച്ച് ഏലിയുടെ കുടുംബത്തെക്കുറിച്ച് അരുളിച്ചെയ്ത വചനത്തിന് നിവർത്തി വരേണ്ടതിന് ശലോമോൻ അബ്യാഥാരിനെ യഹോവയുടെ പൌരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു ഈ വർത്തമാനം യോവാബിന് എത്തിയപ്പോൾ യോവാബ് അബ്ശാലോമിന്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അദോനിയാവിന്റെ പക്ഷം ചേർന്നിരുന്നു അവൻ യഹോമയുടെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു യോവാ യഹോമയുടെ യാഗപീഠത്തിന്റെ അടുക്കൽ നിൽക്കുന്നു എന്ന് ശലോമോൻ രാജാവിന് അറിവ് കിട്ടി അപ്പോൾ ശലോമോൻ യഹോയാദയുടെ മകനായ ബനായാവെ അയച്ചു നീ ചെന്ന് അവനെ എന്ന് കൽപ്പിച്ചു ബനായാവ് യഹോവയുടെ കൂടാരത്തിൽ ചെന്നു നീ പുറത്തു വരിക എന്ന് രാജാവ് കൽപ്പിക്കുന്നു എന്നവനോട് പറഞ്ഞു ഇല്ല ഞാൻ ഇവിടെ തന്നെ മരിക്കുമെന്ന് അവൻ പറഞ്ഞു ബനായാവ് ചെന്നു യോവാ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ അവൻ എന്നോടും ഉത്തരം പറഞ്ഞു എന്ന് രാജാവിനെ ബോധിപ്പിച്ചു രാജാവ് അവനോട് കൽപ്പിച്ചത് അവൻ പറഞ്ഞതുപോലെ നീ അവനെ വെട്ടിക്കൊന്ന് കുഴിച്ചിടുക യോവാ കാരണം കൂടാതെ ചിങ്ങിയ രക്തം നീ ഇങ്ങനെ എങ്കിൽ നിന്നും എന്റെ പിതൃഭവനത്തിങ്കിൽ നിന്നും നീക്കിക്കളക അവന്റെ രക്തപാതകം യഹോവ അവന്റെ തലമേൽ തന്നെ വരുത്തും ഇസ്രയേലിന്റെ സേനാധിപതിയായ നേരിന്റെ മകൻ അബ്നേർ യഹൂദയുടെ സേനാധിപതിയായ യേധരന്റെ മകൻ അമാസ എന്നിങ്ങനെ തന്നെക്കാൾ നീതിയും സൽഗുണവുമുള്ള രണ്ട് പുരുഷന്മാരെ അവൻ എന്റെ അപ്പനായ ദാവീത് അറിയാതെ വാൾകൊണ്ട് വെട്ടിക്കൊന്നുകളഞ്ഞുവല്ലോ അവരുടെ രക്തം എന്നേക്കും യോവാബിന്റെയും അവന്റെ സന്തതിയുടെയും തലമേൽ ഇരിക്കും ീദിനും അവന്റെ സന്തതിക്കും ഗ്രഹത്തിനും സിംഹാസനത്തിനും യഹോവെങ്കിൽ നിന്ന് എന്നയ്ക്കും സമാധാനം ഉണ്ടാകും അങ്ങനെ യഹോയാതയുടെ മകനായ ബനായാവു ചെന്ന് അവനെ വെട്ടിക്കൊന്നു മരുഭൂമിയിലെ അവന്റെ വീട്ടിൽ അവനെ അടക്കം ചെയ്തു രാജാവ് അവനു പകരം മകനായ ാവെ സേനാധിപതിയാക്കി അബ്യാധാരന് പകരം സാധു പുരോഹിതനെയും നിയമിച്ചു പിന്നെ രാജാവ് ആളയച്ചു ഷിമയ്യെ വരുത്തി അവനോട് നീ എരിശിലേമ്മിൽ നിനക്ക് ഒരു വീട് പണിത് അവിടെ നിന്ന് പുറത്തെങ്ങും പോകരുത് പുറത്തിറങ്ങി ഖിദ്രൻതോട് കടക്കുന്ന നാളിൽ നീ മരിക്കേണ്ടി എന്ന എന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളുക നിന്റെ രക്തം നിന്റെ തലമേൽ തന്നെ ഇരിക്കും എന്ന് കൽപ്പിച്ചു ഷിമയി രാജാവിനോട് അത് നല്ല വാക്ക് യജമാനനായ രാജാവ് കൽപ്പിച്ചതുപോലെ അടിയൻ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ ഷിമയി കുറെ കാലം പാർത്തു മൂന്ന് സംവത്സരം കഴിഞ്ഞപ്പോൾ ഷിമയുടെ രണ്ടടിമകൾ മാഖയുടെ മകനായ ആഖീഷ് എന്ന ഗത്ത് രാജാവിന്റെ അടുക്കൽ ഓടിപ്പോയി തന്റെ അടിമകൾ ഗത്തിലുണ്ടെന്ന് ഷിമയിക്ക് അറിവ് കിട്ടി അപ്പോൾ ഷിമയി എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് പുറപ്പെട്ട് അടിമകളെ അന്വേഷിപ്പാൻ ഗത്തിൽ ആഖിഷിന്റെ അടുക്കൽ പോയി അങ്ങനെ ശിമയി ചെന്ന് അടിമകളെ ഗത്തിൽ നിന്ന് കൊണ്ടുവന്നു ഷിമയി എരിശിലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങി വന്നു എന്ന് ശലോമോന് അറിവ് കിട്ടി അപ്പോൾ രാജാവ് ആളയച്ച് ഷിമയെ വരുത്തി അവനോട് നീ പുറത്തിറങ്ങി എവിടെയെങ്കിലും പോകുന്ന നാളിൽ മരിക്കേണ്ടി തീർച്ചയായി അറിഞ്ഞുകൊള്ളുക ഞാൻ നിന്നെ യഹോവ നാമത്തിൽ സത്യം ചെയ്യിച്ച് സാക്ഷീകരിക്കുകയും ഞാൻ കേട്ട വാക്ക് നല്ലതെന്ന് നീ എന്നോട് പറയുകയും ചെയ്തില്ലയോ അങ്ങനെയിരിക്കെ നീ യഹോവയുടെ ആണയും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനയും പ്രമാണിക്കാതെ ഇരുന്നത് എന്ത് എന്ന് ചോദിച്ചു പിന്നെ രാജാവ് ഷിമയിയോട് നീ എന്റെ അപ്പനായ ദാവീദനോട് ചെയ്തതും നിനക്ക് ഓർമ്മയുള്ളതുമായ ദോഷമൊക്കെയും നീ അറിയുന്നുവല്ലോ യഹോവ നിന്റെ ദോഷം നിന്റെ തലമേൽ തന്നെ വരുത്തും എന്നാൽ ശലോമോൻ രാജാവ് അനുഗ്രഹിക്കപ്പെട്ടവനും ദാവീദന്റെ സിംഹാസനം യഹോവയുടെ മുമ്പാകെ എന്നേക്കും സ്ഥിരവുമായിരിക്കുമെന്ന് പറഞ്ഞിട്ട് രാജാവ് യഹോയാദയുടെ മകൻ ബനായാവോട് കൽപ്പിച്ചു അവൻ ചെന്ന് അവനെ വെട്ടിക്കൊന്നു അങ്ങനെ രാജത്വം ഷലോമോന്റെ കയ്യിൽ സ്ഥിരമായി